സത്യവിശ്വാസികളായ പുരുഷന്മാരെയും സ്ത്രീകളെയും താഴെയായി അരുവികളൊഴുകുന്ന സ്വർഗ്ഗത്തോപ്പുകളിൽ പ്രവേശിപ്പിക്കാനും അവിടെ അവർ ശാശ്വതമായി വസിക്കാനും അവരുടെ തിന്മകൾ പുറത്തുകൊടുക്കാനും വേണ്ടിയാണത് അള്ളാഹുവിന്റെ അടുക്കൽ അത് മഹത്തായ വിജയമാകുന്നു